വിശ്വസിച്ചവർ അള്ളാഹു സുബഹാനഹുവറ്റാലായുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു എന്നാൽ സത്യനിഷേധികൾ താഗൂത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു അതിനാൽ നിങ്ങൾ പിശാജിന്റെ കൂട്ടാളികളോട് യുദ്ധം ചെയ്യുക തീർച്ചയായും പിശാജിന്റെ തന്ത്രം ദുർബലമാണ്